ാമത്തിന് വസ്തുണ്ടാകട്ടെ നാം ഇന്ന് ബൈബിൾ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിലേക്കാണ് വന്നിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ച് ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്ത് ദൈവരാജ്യം പ്രസംഗിപ്പാനൊക്കെ ആയിട്ട് അവരെ വിടുന്നതാണ് നമ്മളവിടെ കാണുന്നത് ഇതേ സംഭവം തന്നെ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായത്തിൽ നമ്മൾ കണ്ടു മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം മുതൽ അതും സംക്ഷിപ്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മത്തായി പത്തിൽ വിശദമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു മർക്കോസിൽ ആറിൽ അത് ചുരുക്കമായിട്ട് വിവരിച്ചിരിക്കുന്നു ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇവിടെ ആ കാര്യം പറയുമ്പോൾ നമ്മൾ ഇത് പല കാര്യങ്ങൾ ചിന്തിച്ചത് ഇവിടെ പറയുന്ന ഒരു ഒരു പ്രയോഗം മാത്രം നമുക്ക് ചിന്തിക്കാം അതിൻ്റെ ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ യേശു പന്തിരിവരെ അടുക്ക അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു പവർ ആൻഡ് അതോറിറ്റി എന്നാണ് നമ്മളിവിടെ കാണുന്നത് തീർച്ചയായിട്ടും ശിഷ്യന്മാർക്ക് അതിനുള്ള അധികാരം വേണമായിരുന്നു അതിനുള്ള ശക്തി വേണമായിരുന്നു പക്ഷേ നമുക്കറിയാം പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ കർത്താവിൻ്റെ അസാന്നിധ്യത്തിലും ഈ ശക്തിയോടും ഈ അധികാരത്തോടും കൂടെ ലോകത്തോടെ സുവിശേഷം അറിയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇന്ന് നമ്മളെ സംബന്ധിച്ചും നമ്മൾ ഇന്നത്തെ നമ്മളായിരിക്കുന്ന ലോകത്തെ ഈ സന്ദേശവുമായിട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ ഇതറിയിക്കാനായിട്ടുള്ള ശക്തിയും അധികാരവും നമുക്കും ആവശ്യമാണ് നമ്മൾ നമ്മളായിരിക്കുന്ന ആ സമൂഹത്തിൽ ഇതിനു വേണ്ടി സാക്ഷികളായിട്ട് നിൽക്കുന്നുണ്ടല്ലോ അപ്പോഴേ തീർച്ചയായിട്ടും ഈ ദുഷ്ടലോകത്തിൽ നമുക്ക് വലിയ ശക്തിയും അധികാരവും ഉണ്ടാവണം പവർ ആൻഡ് അതോറിറ്റി അത് ഒരു വലിയ അത്ഭുതങ്ങൾ കാണിക്കാനായിരിക്കേയില്ല എന്നാൽ ഈ സാക്ഷ്യത്തിന് വേണ്ടി ഒത്തുതീർപ്പില്ലാതെ നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ശക്തിയും അധികാരവും വേണം ഈ ശക്തിയും അധികാരവും നമുക്ക് ഇന്ന് വളരെ ആവശ്യമായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കത് ആരോടാണ് ചോദിക്കാനായിട്ട് ഒക്കുന്നത് ഇത് കർത്താവായ യേശുക്രിസ്തു താൻ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ശക്തിയും അധികാരവുമാണ് താൻ ശിഷ്യന്മാർക്ക് നൽകുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരശുശുശ്രൂഷയിൽ കർത്താവ് വളരെ അധികാരത്തോടെയാണ് സംസാരിച്ചത് അതുപോലെ അവിടുന്ന് വളരെ ശക്തിയോടെയാണ് അന്ന് തന്നെ തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചത് അങ്ങനെ ഈ ശക്തിയും അധികാരവും ഒന്നാമത് കർത്താവിൽ തന്നെയാണ് നമ്മൾ കാണുന്നത് തുടർന്ന് പന്ത്രണ്ട് ശിഷ്യന്മാരിൽ കാണുന്നു തുടർന്ന് പെന്തക്കോസ് നാളിൽ വന്നപ്പോൾ അത് സഭയ്ക്ക് നൽകപ്പെടുന്നു ഇന്ന് സഭയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചും നമുക്കും ഈ നിലയിലുള്ള ശക്തിയും അധികാരവും വേണം എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ പലപ്പോഴും അതിൻ്റെ ഒരു അഭാവം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഈ ശക്തിയും അധികാരവും വേണമെങ്കിൽ നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഇത് കൊണ്ടുവന്ന ഇതാദ്യം കൈയാളിയിരുന്ന കർത്താവായി യേശുക്രിസ്തുവിനോട് തന്നെയാണ് നമ്മൾ ഈ കാര്യത്തിനായിട്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് തന്നെയാണ് നോക്കേണ്ടത് ഇവിടെ ഈ അദ്ധ്യായത്തിലെ കർത്താവിന് ഈ ശക്തിയും അധികാരവും എന്തുകൊണ്ടാണ് ഉണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ച് ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഒന്നാമത് അതിൻ്റെ അവിടുന്ന് കർത്താവായ യേശു അവിടുന്ന് ഈ പരിശിശുശ്രൂഷയിൽ അധികാരത്തോടും ശക്തിയോടും കൂടെ താനായിരുന്നപ്പോൾ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചതായിട്ട് നാം കാണുന്നു ഒൻപതാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ കർത്താവ് പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നു തനിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതുപോലെ അതിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിലും മറുരൂപമലയിൽ കർത്താവ് പ്രാർത്ഥിപ്പാനായിട്ട് കയറിപ്പോയ ആ കാര്യം നമ്മളെ കാണുന്നുണ്ട് അപ്പം നോക്കുക ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ തന്നെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു രണ്ടു വട്ടം നമ്മളിത് കാണുന്നുണ്ട് അങ്ങനെ കർത്താവ് പ്രാർത്ഥിച്ചതാണ് തൻ്റെ ശക്തിയുടെയും അധികാരത്തിൻ്റെയും ഒരു രഹസ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മൊത്തം നമ്മൾ എടുത്തു നോക്കിയാൽ ഏഴ് സ്ഥലങ്ങളിൽ കർത്താവ് പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നാമധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വചനം അഞ്ചാമധ്യായം അതിൻ്റെ പതിനാറാമത്തെ വചനം ആറാമധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വചനം ഒൻപതാം അധ്യായം നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായത്തിൽ രണ്ട് വട്ടം അതിൻ്റെ പതിനെട്ട് ഇരുപത്തെട്ട് വാക്യങ്ങൾ പതിനെട്ടാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം അവിടെ കർത്താവ് അക്ഷരാർത്ഥത്തിൽ പ്രാർത്ഥിച്ചതായിട്ടല്ല എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് താൻ നിർദ്ദേശിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ കർത്താവ് നിർദ്ദേശിക്കണമെങ്കിൽ താന് പ്രാർത്ഥിക്കുന്ന ആ നിലയിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആ കാര്യം കൂടെ കൊണ്ട് നടന്നിരുന്നു എന്ന് വ്യക്തമാണല്ലോ അതുപോലെ തന്നെ ഇരുപത്തിരണ്ടാം അധ്യായം നാല്പത്തൊന്ന് നാൽപ്പത്തി നാല് വാക്യങ്ങളിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞത് ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തില് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയെ സംബന്ധിച്ച് ഏഴ് പരാമർശങ്ങൾ വ്യത്യസ്ത അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ കർത്താവിൻ്റെ ഈ ശക്തിക്കും അധികാരത്തിനും ഉള്ള മറ്റൊരു കാര്യം എന്തായിരുന്നു സ്വയനിഷേധമായിരുന്നു സെൽഫ് ഡിനൈൽ നമ്മൾ ഇവിടെ തന്നെ നമ്മളെ കാണുന്നുണ്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം നമ്മൾ നോക്കുക അവിടെ കർത്താവ് പറയുന്നുണ്ട് പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാല്തോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എൻ്റെ ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും എന്നവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കുക ഈ അധ്യായത്തിൻ്റെ ഒടുവിൽ അൻപത്തേഴ് മുതൽ അറുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ അവിടെയും ശിഷ്യത്വത്തിൻ്റെ പടികളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് പറഞ്ഞു വന്നതിനെ നമുക്ക് ഇങ്ങനെ സംക്ഷേപിക്കാം അപ്പോസ്തലന്മാർ അവർക്ക് ശക്തിയും അധികാരവും ലഭിച്ചതെങ്ങനെയാണ് അവർ കർത്താവിൽ കണ്ട ഈ പ്രാർത്ഥന അവരുടെ ജീവിതത്തിലും അവർ കൊണ്ട് അതുപോലെ തന്നെ ഈ നിലയിൽ ക്രൂശിൻ്റെ വഴിയിൽ നടക്കാനായിട്ടുള്ള ഉത്ബോധനം കൈക്കൊള്ളുകയും ചെയ്തപ്പോൾ അവർക്ക് ശക്തിയും അധികാരവും ലഭിച്ചു കർത്താവിനും ശക്തിയും അധികാരവും ഉണ്ടായിരുന്നു നമ്മളും ഇന്നത്തെ കാലഘട്ടത്തിൽ ശക്തിയും അധികാരവും നമുക്ക് എത്രയും ആവശ്യമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയും അതുപോലെ തന്നെ ക്രൂശിൻ്റെ വഴിയിൽ നടക്കുന്ന ഈ കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഒൻപതിൻ്റെ ഇരുപത്തിനാല് നമ്മൾ വായിച്ചപ്പോൾ അവിടെ ക്രൂശിൻ്റെ വഴിയെക്കുറിച്ച് പറഞ്ഞെടുത്ത് അവിടെ ഒരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട് ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും ഇത് ഒറ്റ വായനയ്ക്ക് നമുക്ക് എന്തായത് എന്നങ്ങോട്ട് മനസ്സിലാവുകയില്ല തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും ആ ജീവനെ തന്നെയാണോ കളയുന്നത് തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് ഒറ്റ വായനയ്ക്ക് പലപ്പോഴും അങ്ങോട്ട് മനസ്സിലാവുകയില്ല എങ്കിലും ഞാൻ അതിനെ ഇങ്ങനെ വായിക്കാം ദയവായിട്ട് ശ്രദ്ധിച്ചാട്ടോ ഒൻപതിൻ്റെ ഇരുപത്തി നാല് നമ്മൾ ഇങ്ങനെ വായിച്ചാൽ നമുക്കത് കുറച്ച് വ്യക്തമാകും ഒൻപതിൻ്റെ ഇരുപത്തിനാല് ആരെങ്കിലും തൻ്റെ സ്വന്തം ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ സ്വയ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ അതിനെ എന്ന് പറഞ്ഞാൽ ദൈവീക ജീവനെ അല്ലെങ്കിൽ നിത്യ ജീവനെ കളയും അപ്പോൾ ആരെങ്കിലും തൻ്റെ സ്വയ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ നിത്യജീവനെ ദൈവീക ജീവനെ അവൻ നഷ്ടമാക്കും എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കുക എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ സ്വയ ജീവനെ സ്വജീവനെ കളഞ്ഞാലോ അതിനെ ഏതിനെ ദൈവീക അല്ലെങ്കിൽ നിത്യജീവനെ രക്ഷിക്കും നിലനിർത്തും എന്നാണ് നമുക്കവിടെ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സ്വയ ആ നമ്മുടെ സ്വയത്തിന് നമ്മുടെ സെൽഫിന് നമ്മുടെ സോളിന് അതിൻ്റേതായ ഒരു ജീവനുണ്ട് ആ ജീവനെ നമ്മൾ എന്താണ് എന്തു ചെയ്യണം കണ്ടെത്തി അതിനെ കളയുമ്പോൾ നമുക്ക് നിത്യജീവനിൽ ദൈവീക കൂടുതൽ പങ്കാളിത്തം ലഭിക്കും എന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇതേ കാര്യം തന്നെ മറ്റ് സുവിശേഷങ്ങളിലും വ്യക്തതയോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തേഴ് മുപ്പത്തൊൻപത് വാക്യങ്ങൾ മത്തായി പതിനാറിൻ്റെ ഇരുപത്തിയഞ്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ പതിനേഴിൻ്റെ മുപ്പത്തി മൂന്നില് യോഹനാൻ പന്ത്രണ്ട് ഇരുപത്തഞ്ചിൽ ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ഒൻപതിൽ ഒക്കെ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ഒൻപതിൽ അത് പറയുമ്പോൾ അവിടെ ആത്മരക്ഷ പ്രാപിക്കുക എന്നുള്ളത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്ധമായി ആത്മരക്ഷ പ്രാപിക്കുക അത് ആത്മരക്ഷ എന്ന് മലയാളത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ശരിക്കെന്താണ് ദേഹീരക്ഷയാണ് അത് സാൽവേഷൻ ഓഫ് ദ സോളാണ് ദേഹീരക്ഷ അപ്പോൾ ദേഹിയെ നമ്മൾ രക്ഷിച്ചെടുക്കണം എങ്ങനെയാണ് രക്ഷിച്ചെടുക്കുന്നത് ക്രൂശിൻ്റെ വഴിയിൽ നടന്നുകൊണ്ടാണ് നമ്മൾ ദേഹിയെ രക്ഷിച്ചെടുക്കുന്നത് അതാണ് ഇന്ന് നമുക്ക് ആവശ്യം കണ്ടോ അവിടെ കണ്ടോ ഒന്നാമ ഒന്ന് പത്ര ഒന്നിൻ്റെ ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് പ്രസൻറ്റ് ടെൻസില് ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് ദേഹിരക്ഷയ്ക്കായിട്ട് ക്രൂശിൻ്റെ വഴിയിൽ നടക്കുകയാണ് എന്നാൽ കഴിഞ്ഞ കാലത്ത് നമ്മൾ ചെയ്തത് എന്താ അല്ലെങ്കിൽ ദൈവം നമ്മളെ കുറിച്ച് ചെയ്തത് എന്താ ഒന്നിൻ്റെ അഞ്ചിൽ അവിടുന്ന് നമ്മളെ വീണ്ടും ജനിപ്പിച്ചു അവിടെ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ കൈവന്നു അതുപോലെ തന്നെ അതിൻ്റെ ഒന്നിൻ്റെ നാലില് അന്ത്യകാലത്ത് രക്ഷയ്ക്കായി വിശ്വാസത്താൽ വെളിപ്പെടാനായിട്ട് കാക്കപ്പെടുന്നു എന്ന് പറയുമ്പോ ദേഹത്തിന്റെ രക്ഷ കണ്ടോ മൂന്ന് കാര്യങ്ങൾ ദേഹരക്ഷ ദേഹിയുടെ രക്ഷ അതുപോലെ തന്നെ ആത്മാവിന്റെ രക്ഷ നമ്മള് വീണ്ടും ജനിച്ചപ്പോൾ കരഗതമായി ആത്മാവിന്റെ രക്ഷ അത് ഭൂതകാലത്തില് ഇന്ന് വർത്തമാന കാലത്തില് രക്ഷ ഭാവി ദേഹത്തിന്റെ രക്ഷ ഇതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ക്രൂശിൻ്റെ വഴി നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ കാര്യമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക പ്രിയമുള്ളവര് ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടത് ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കുന്നതാണ് പ്രാർത്ഥനയോടെ കർത്താവിനെ അനുഗമിക്കുന്നതാണ് നമ്മുടെ ശക്തിയുടെയും അധികാരത്തിൻ്റെയും രഹസ്യം എന്ന് നമ്മൾ കണ്ടു അവിടെ തന്നെ ക്രൂശ് എടുക്കുന്നതിനെ കുറിച്ച് അതിൻ്റെ ഒൻപതിൻ്റെ മൂന്നാമത്തെ വാക്യം അതിനോട് താരതമ്യം ചെയ്ത് നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഒൻപതിൻ്റെ മൂന്നിലെ കർത്താവ് പറയുന്നു വഴിക്ക് വടിയും പൊക്കണവും അപ്പവും പണവും ഒന്നും എടുക്കരുത് കണ്ടോ ശിഷ്യന്മാരെ വിടുമ്പം ചില കാര്യങ്ങൾ എടുക്കരുതെന്ന് പറയുന്നു അതേസമയം ഒൻപതിൻ്റെ ഇരുപത്തി മൂന്നില് പറയുന്നു ക്രൂശ് ഞാൻ പറഞ്ഞത് വ്യക്തമായോ ഒൻപതിൻ്റെ മൂന്നില് അവർ സാധാരണ മനുഷ്യ ജീവിതത്തിൽ ആളുകൾ കണക്ക് കൂട്ടുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ എടുക്കരുത് എന്ന് പറഞ്ഞു എന്നാൽ അതിൻ്റെ ഇരുപത്തി മൂന്നില് പകരം എടുക്കേണ്ടത് ക്രൂശാണ് എടുക്കേണ്ടത് എന്ന് പറയുന്നു ഒൻപതിൻ്റെ മൂന്നും ഒൻപതിൻ്റെ ഇരുപത്തി മൂന്നും തമ്മിൽ താരതമ്യം ചെയ്താൽ നമുക്ക് ഈ കാര്യം വ്യക്തമാണ് അപ്പോൾ ക്രൂശ് എടുത്ത കർത്താവിനെ അനുഗമിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കർത്താവായി യേശുക്രിസ്തു ഈ അധ്യായത്തിലെ പന്തിരി വരെ വിടുമ്പോൾ ആ കാര്യം ഊന്നി പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനിയും വേറെ ഒൻപതാം അധ്യായത്തിൽ നിന്ന് തന്നെ മറ്റൊരു കാര്യം വളരെ വേഗത്തിൽ നോക്കാം അവിടുന്ന് ഒൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തി വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ ക്ഷമിക്കണം ഇരുപത്തി എട്ട് മുതല് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് മുപ്പത്തൊന്ന് അങ്ങനെ താഴോട്ട് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ മുപ്പത്തി ആറാമത്തെ വാക്യം വരെയുള്ള ആ പാരഗ്രാഫ് കർത്താവായ യേശു മറുരൂപമലയിൽ തന്നെ പത്രൂസിനെയും യോഹന്നാനേയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാനായിട്ട് കയറിപ്പോയപ്പോൾ അവിടുത്തെ മുഖത്തിൻ്റെ ഭാവം മാറി കർത്താവിനോട് രണ്ട് പുരുഷന്മാർ ഈ മോശയും സംഭാഷിച്ചു അതിനുശേഷം ഈ നിലയിൽ പത്രോസ് നമുക്ക് മൂന്ന് കുടിൽ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ താൻ എന്താ പറയുന്നത് എന്നറിയാതെ എങ്ങനെ പറഞ്ഞപ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു അതിൻ്റെ മുപ്പത്തഞ്ചാം വാക്യം മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദമുണ്ടായി ഇവിടെ കണ്ടോ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ആ പരശിശുശ്രൂഷയുടെ ഏതാണ്ട് ഒരു മധ്യഭാഗം എന്ന് പറയാവുന്ന ഒരു ഘട്ടമാണ് ഈ ഒൻപതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ ഭാഗം അവിടെ എന്തുണ്ടായി സ്വർഗത്തിൽ നിന്ന് കർത്താവാണ് അവിടുന്ന് അവിടുത്തേക്ക് ചെവി കൊടുക്കണം അവിടുന്ന് പിതാവിൻ്റെ പ്രിയപുത്രനാണ് എന്നൊരു അംഗീകാരത്തിൻ്റെ സ്വരം പരസ്യമായിട്ടുണ്ടാകുന്നത് നമ്മൾ കാണുന്നു ഒൻപത് മുപ്പത്തിയഞ്ച് പ്രിയപ്പെട്ടവർ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ പരശിശുശ്രൂഷയുടെ മൂന്ന് ഘട്ടങ്ങളിൽ അതിൻ്റെ തുടക്കത്തിലും മധ്യഭാഗത്തും ഏതാണ്ട് അതിൻ്റെ അവസാന ഭാഗത്തും മൂന്ന് ഘട്ടത്തിൽ ഈ നിലയിൽ കർത്താവിനെ അംഗീകരിച്ചു കൊണ്ട് നിന്നുള്ള ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം മാത്രത്തിൻ്റെ തന്നെ മൂന്നാമധ്യായം നോക്കുക അതിൻ്റെ തുടക്കത്തിൽ മൂന്നിൻ്റെ ഇരുപത്തിരണ്ടിലെ കർത്താവ് ആ സ്നാനത്തിനായിട്ട് ചെല്ലുമ്പോൾ യോഹനാപകൻ്റെ കൈകീഴിൽ സ്നാനമേൽപ്പാനായിട്ട് ചെല്ലുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇതുപോലെ തന്നെ ശബ്ദമുണ്ടായി പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവൻ്റെ വന്നു നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ തുടക്ക ഘട്ടമാണ് താൻ സ്നാനമേറ്റ് പരശുശുശ്രൂഷയ്ക്കായിട്ട് വേർപെടുന്ന ആ ഭാഗത്ത് വെച്ച് തന്നെ കർത്താവിൻ്റെ അംഗീകാരത്തിൻ്റെ ഒരു ശബ്ദം സ്വർഗത്തിൽ നിന്നുണ്ടാകുന്നു ലൂക്കോസ് ഒൻപതിൻ്റെ മുപ്പത്തഞ്ചില് നമ്മൾ കണ്ടത് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ പരശുശുശ്രൂഷയുടെ ഏതാണ്ട് മധ്യ ഘട്ടത്തിൽ അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാകുന്നു ഇതാണ് കണ്ടത് അതുപോലെ തന്നെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ പരശുശുശ്രൂഷയുടെ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ ഈ സ്വർഗത്തിൽ നിന്ന് ഇതുപോലെ ഒരു അംഗീകാരത്തിൻ്റെ ശബ്ദം ഉണ്ടായതായിട്ട് യോഹന്നാന പുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയെട്ട് നോക്കുക അവിടെ ഇതാ കർത്താവിന് ചെവി കൊടുപ്പീൻ എന്നുള്ള നിലയിൽ അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായതായിട്ട് രേഖപ്പെടുത്ത് ഇരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് കാ ഈ മൂന്ന് ശബ്ദത്തെ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മളെന്താ കാണുന്നത് അവിടെ നമ്മൾ കാണുന്നത് അവിടെ കർത്താവിനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഈ മൂന്ന് ശബ്ദങ്ങളിലും കർത്താവ് താന് പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ട് തന്നെ ഏൽപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് ഈ അംഗീകാരത്തിൻ്റെ വചനങ്ങൾ ഉണ്ടായത് ലൂക്കോസ് മൂന്നിലെ കർത്താവ് സ്നാനമേൽക്കാൻ ഏറ്റു കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന അംഗീകാരത്തിൻ്റെ വചനമുണ്ടായി അതുപോലെ നമ്മളെ കണ്ട ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തഞ്ചിലും ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന അംഗീകാരത്തിൻ്റെ വചനം ഉണ്ടായതും എന്താ കാരണം അവിടെ നേരത്തെ നമ്മൾ കാണുന്നു താൻ അനുഭവിക്കേണ്ട നിര്യാണത്തെക്കുറിച്ച് ഏലിയാവും മോശയും പറഞ്ഞു കർത്താവ് ആ ആ മരണം പിതാവിൻ്റെ ഹിതം അത് അംഗീകരിച്ചു അംഗീകരിച്ചതിനെ തുടർന്നാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നുള്ള അംഗീകാരത്തിൻ്റെ വചനം ഉണ്ടായത് യോഹനൻ്റെ സുവിശേഷം പന്ത്രണ്ടിൻ്റെ ഇരുപത്തെട്ടിൽ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും നിന്നെ മഹത്വപ്പെടുത്തും എന്ന കർത്താവിനോടുള്ള അംഗീകാരത്തിൻ്റെ ശബ്ദം ഉണ്ടായതും ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെയും നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഇരുപത്തി മൂന്നിലെ കർത്താവ് തേജസ്കരിക്കപ്പെടുന്നതിനെ കുറിച്ചും ഇരുപത്തിനാലിലെ നിലത്ത് വീണിച്ചാകുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഇരുപത്തേഴിൽ ഞാൻ ഈ നാഴിയിൽ നിന്ന് രക്ഷപെടണോ എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ ഈ നാഴികയ്ക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്ന് കർത്താവതിനായിട്ട് ആ ക്രൂശി സ്വയം സമർപ്പിച്ച ആ സമയത്തുമാണ് സ്വർഗത്ത് നിന്ന് ആ അംഗീകാരത്തിൻ്റെ ശബ്ദം ഉണ്ടായത് നമ്മൾ കാണണം ഞാൻ പറഞ്ഞത് ഇതാണ് കർത്താവിൻ്റെ പരശിശുശ്രൂഷയുടെ മൂന്ന് ഘട്ടത്തിൽ ഇതുണ്ടായി മൂന്ന് ഘട്ടത്തിലും കർത്താവ് പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ടും ആക്രൂശി മരണത്തിനായിട്ടും ഓ പിതാവിൻ്റെ ഹിതത്തിനായിട്ട് സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത രംഗത്താണ് അംഗീകാരത്തിൻ്റെ ശബ്ദം ഉണ്ടായത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വർഗത്തിൻ്റെ ഇഷ്ടത്തിനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ആളുകൾ കേൾക്കുന്ന നിലയിലായിരിക്കേ ഇല്ല ആ സ്വർഗത്തിൻ്റെ ഒരു അംഗീകാരത്തിന്റെ ശബ്ദം നമ്മുടെ ജീവിതത്തിന് എന്നൊരു ധൈര്യത്തിന്റെ വചനം നമുക്ക് ഇതിൽ നിന്നെടുക്കാം അത് നമ്മളെ ഈ വഴിയിൽ ദൈവഹിതത്തിൻ്റെ വഴിയിൽ തന്നെ മാത്രം മുന്നോട്ട് പോകാൻ നമ്മളെ പ്രചോദിപ്പിക്കട്ടെ നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിലേക്ക് മടങ്ങി ഇവിടെ ഇതാ കർത്താവ് ഈ വഴിയിൽ താന് വളരെ ഹൃദയം വെച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് സൂചിപ്പിക്കുന്ന ഒരു വാക്യം നമുക്ക് ഒൻപതിൻ്റെ അൻപത്തി ഒന്നിൽ നമുക്ക് കാണാൻ കഴിയും അവിടെ നമ്മൾ വായിക്കുന്ന ഒൻപതിൻ്റെ അൻപത്തി ഒന്നില് അവൻ്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ എരിശിലേമിലേക്ക് യാത്രയാവാൻ ഇരിശിലേമിലേക്ക് എന്തിനാണ് പോകുന്നത് അവിടെ ചെന്ന് ക്രൂശിക്കപ്പെടാനായിട്ടാണ് പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് മാനവരാശിയുടെ രക്ഷയ്ക്കായിട്ട് ക്രൂശിക്കപ്പെടാനായിട്ടാണ് ഇരിശിലേമിലേക്ക് പോകുന്നത് ഇരിശിലേമിലേക്ക് യാത്രയാവാൻ മനസ് ഉറപ്പിച്ച് തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു അവിടെ കണ്ടോ അതിൻ്റെ അൻപത്തിയൊന്നില് േമിലേക്ക് തന്നെ പോകാനായിട്ട് മനസ്സുറപ്പിച്ചു അവിടെ തന്നെ കാത്തിരിക്കുന്നത് മരണമാണെന്ന് കർത്താവിനറിയാം എങ്കിലും അവിടെ നിന്ന് എന്ത് ചെയ്തു ആ കാര്യത്തിനായിട്ടും മനസ്സ് ഉറപ്പിച്ചു ഇവിടെ ഇംഗ്ലീഷ് നമ്മൾ വളരെ നല്ലൊരു പ്രയോഗമാണ് കാണുന്നത് സെറ്റ് ഈസ് ഫേസ് ലൈക്ക് എ ഫ്ലിൻറ്റ് അതായത് കർത്താവ് സ്റ്റെഫാസ്റ്റ്ലി സെറ്റ് ഈസ് ഫേസ് ആ ലക്ഷ്യത്തിലേക്ക് വളരെ വളരെ തീ പോലെ തൻ്റെ മുഖമാക്കി അങ്ങനെ താൻ ആ വഴിക്ക് പോയതായിട്ടാണ് കാണുന്നത് യേശയ്യാവിൻ്റെ പുസ്തകം അൻപതാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൻ്റെ ഒരു പ്രതിധ്വനിയാണ് നമ്മളിവിടെ കാണുന്നത് യേശയ്യാവ് അൻപതിൻ്റെ ഏഴ് അവനവൻ്റെ മുഖം അതിനു വെച്ച് അവിടെ കർത്താവിൻ്റെ ആ ഒരു പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനുള്ള ആ തയ്യാറെടുപ്പും ആ ഉറപ്പും എത്ര വ്യക്തമാണ് എന്ന് നോക്കുക അങ്ങനെ കർത്താവ് പോകുമ്പോൾ താന് എവിടോട്ട ആളുകളെ അയച്ചത് തനിക്ക് മുമ്പായി ശബരിയരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു ശബരിയക്കാരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു പക്ഷെ അവിടെ ഉള്ളവരെ അവനെ കൈക്കൊണ്ടില്ല കൈക്കൊണ്ടില്ല അത് കണ്ടിട്ട് യാക്കോബി യോഹന്നാൻ കർത്താവ് ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്ന് തീറിങ്ങി ഇവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിക്കുന്നു കണ്ടോ അവിടെ ഈ യാക്കോബി യോഹന്നാനും അവിടെ പറയുന്നത് എന്താ ആകാശത്തു നിന്ന് ഏലിയാവ് തീറിക്കി ചിലരെ നശിപ്പിച്ചതുപോലെ ഇവരെ നശിപ്പിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് എന്നാൽ കർത്താവ് അതിനോട് അനുകൂലിച്ചില്ല ഏഹ് നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല രക്ഷിപ്പാനാണ് ഞാൻ വന്നത് എന്ന് കർത്താവ് പറഞ്ഞ് അവരെ ശാസിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്കും ഇന്ന് ചിലപ്പോഴീ ശിഷ്യന്മാരെ പോലെ നമ്മുടെ കൂട്ടത്തിലല്ലാത്ത ആളുകളോട് അവരെ തീറക്കി നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കൂടെ അവർ ചേർന്നില്ലെങ്കിൽ അവരോട് കർത്താവ് ന്യായം വിധിക്കണം ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകൾ നമുക്ക് വരാം പക്ഷേ അത് കർത്താവ് എന്താ പറയുന്നത് കർത്താവ് പറയുന്നത് നമ്മൾ ഇന്ന് കൃപയുടെ കാലഘട്ടത്തിലാണ് നമ്മളെന്താ വേണേണ്ടത് മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല രക്ഷിപ്പാൻ അത്രയേ വന്നത് അതിൻ്റെ നാൽപ്പത്തൊൻപത് വാക്യങ്ങളിലും ഇതേ കാര്യം തന്നെ നമുക്ക് കാണാം അവിടെ കർത്താവ് പറയുന്നു നമുക്ക് പ്രതികൂലമല്ലാത്തവൻ നമുക്ക് അനുകൂലമാണ് നമ്മളെപ്പോഴും ഈ കാര്യം ഓർക്കണം ഈ ക്രിസ്തീയ ലോകത്തെല്ലാവരും നമ്മൾ പറയുന്ന അതേ സത്യങ്ങൾ നൂറു പറഞ്ഞു എന്ന് വരികയില്ല എന്നാൽ നമ്മളൊരു വിഭാഗീയ മനസ്ഥിതി കൊണ്ട് നടക്കരുത് ശിഷ്യന്മാര് യാക്കോബി യോഹനാനോ അവരുടെ നിഷ്കളങ്കതയിൽ അങ്ങനെ പറഞ്ഞപ്പോഴും കർത്താവതിനെ ശാസിച്ചു ഇന്ന് കൃപയുടെ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ നിലയിൽ കർത്താവിനെ ശുശ്രൂഷിപ്പാനായിട്ട് പലരെ വിളിച്ചിട്ടുണ്ടാവാം നമ്മളെ ആക്കി വെച്ചെടുത്ത് നമ്മൾ വിശ്വസ്തരായി സത്യസന്ധരായി നിൽക്കുമ്പോൾ തന്നെ മറ്റാരെയും വിധിക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ കർത്താവിനെപ്പോലെ ആ ക്രൂശിൻ്റെ വഴിയിൽ മുഖം വെച്ച് ഉറപ്പോടെ മുന്നോട്ട് നീങ്ങാനും ഈ വചനങ്ങൾ നമ്മളെ പ്രിയമുള്ളവരെ ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ അവസാനത്തെ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ ഇവിടെ ഇതാ മൂന്ന് പേര് കർത്താവിനെ ശിഷ്യന്മാരാകാനായിട്ട് താല്പര്യപ്പെട്ട് അല്ലെ കർത്താവിനെ അനുഗമിപ്പാനായിട്ട് താല്പര്യപ്പെട്ട് മൂന്ന് പേര് വരുന്നു പക്ഷെ ആ മൂന്ന് പേരും കർത്താവ് മുന്നോട്ട് വെച്ച ആ ടെസ്റ്റിൽ വിജയിക്കാതെ അവരെ നിരാശരായിട്ട് പോകേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ കൃത്യമായിട്ട് ഈ കാര്യം മൂന്ന് ശിഷ്യരുടെ ശിഷ്യരാകാൻ വന്ന മൂന്നാളുകളുടെ കാര്യം ലൂക്കോസ രേഖപ്പെടുത്തിയിരിക്കുന്നു അതേസമയം മത്തായി എട്ടാം അധ്യായത്തിൽ നമ്മൾ അവിടെ ഒരു ശാസ്ത്രിയുടെയും മറ്റൊരാളുടെയും രണ്ട് പേരുടെ കാര്യം മാത്രമാണ് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മൂന്ന് പേരുടെ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നതിന് തീർച്ചയായിട്ടും വളരെ സാങ്കത്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കാരണം ശിഷ്യത്വത്തിൻ്റെ വഴിയിൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ആ നിലയിൽ കൈകാര്യം ചെയ്യേണ്ടത് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങളിലാണല്ലോ ശിഷ്യത്വത്തിന് അതായത് കർത്താവിൻ്റെ പിന്നാലെ കർത്താവിനെ അനുഗമിപ്പാൻ ഒരുവൻ ആഗ്രഹിച്ചാൽ അവൻ മൂന്ന് കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്നക്കമിട്ട് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് അതിൻ്റെ ഇരുപത്തി ആറാമത്തെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ ബന്ധങ്ങളോട് ഒരു വേർപിരിയലുണ്ടാകണം രണ്ടാമത് സ്വയത്തോട് ഒരു വേർപിരിയൽ ഉണ്ടാകണം ഈ രണ്ട് കാര്യങ്ങൾ ഇരുപത്താറാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ നമ്മുടെ നമുക്കുള്ള കാര്യങ്ങളോട് നമ്മുടെ സമ്പാദ്യങ്ങളോട് മാനസികമായ ഒരു വേർപിരിയലുണ്ടാകണം ഇത്രയും ഈ മൂന്ന് തലത്തിൽ മൂന്ന് കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് കർത്താവിനെ സ്നേഹിച്ചാൽ മാത്രമേ അവനെ യഥാർത്ഥത്തിൽ ക്രൂശെടുത്ത് നമുക്ക് അനുഗമിപ്പാൻ കഴിയൂ എന്ന് കർത്താവ് ആ മൂന്ന് പടികൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ അൻപത്തേഴ് അറുപത്തിരണ്ട് വാക്യങ്ങളിൽ കാണുന്ന ഈ മൂന്ന് പേരും ഈ മൂന്ന് പടികളിൽ ഓരോ ഘട്ടത്തിൽ പരാജയപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും ഇവിടെ ഇതാ നോക്കുക അതിൻ്റെ അൻപത്തി ഏഴാമത്തെ വാക്യത്തിൽ അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട് ഒരുത്തൻ എന്നിവിടെ പറയുന്നത് മത്തായി എട്ടിൻ്റെ പത്തൊൻപതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അവൻ വെറും ഒരുത്തനല്ല അവൻ ഒരു ശാസ്ത്രീയാണ് ശാസ്ത്രി എന്ന് പറഞ്ഞാൽ വേദവചനങ്ങളൊക്കെ ന്യായ പ്രമാണമൊക്കെ വള്ളിപുള്ളി വിടാതെ പഠിച്ചിട്ടുള്ളയാളാണ് അങ്ങനെയുള്ള ഒരു ശാസ്ത്രി കർത്താവിൻ്റെ ശുശ്രൂഷയൊക്കെ ഒക്കെ ആ നിലയിൽ ശ്രദ്ധിച്ചപ്പോൾ ഇത് നല്ലതായിട്ട് അവന് തോന്നി അതുകൊണ്ട് അവൻ വന്നിട്ട് പറയുന്നു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു യേശുപക്ഷെ പറയുന്നു കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവ് ജാതിക്ക് കൂടുമുണ്ട് മനുഷ്യപുത്രനോ തല ചായ്പ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് തരത്തിൽ നമുക്കിതിനെ കാണാം അവന് ശാസ്ത്രി കർത്താവിനെ അനുഗമിപ്പാനായിട്ട് തയ്യാറായി പക്ഷേ കർത്താവ് അവനോട് പറയുന്നു നീ എന്നെ അനുഗമിച്ചാൽ അതൊട്ടും നിനക്ക് നിന്റെ സ്വന്തം ജീവന് താല്പര്യമുള്ള ഒരു വഴിയ വഴിയായിരിക്കില്ല കാര്യം നിന്റെ എനിക്ക് തന്നെ എന്തില്ല തല സ്ഥലമില്ല കുറുനരികൾക്ക് കുഴിയും പർവജാതിക്ക് കൂടുമുണ്ട് മനുഷ്യപുത്രൻ കർത്താവായ യേശു ക്രിസ്തു നമുക്കറിയാമല്ലോ തൻ്റെ ജനനം തന്നെ ആ നിലയില് നമ്മൾ കാണുന്നുണ്ട് തനിക്ക് ആ നിലയിലെ കർത്താവിൻ്റെ ജനനം മുതൽ കാൽവറി ക്രൂശിവരെ കർത്താവിന് തലചായ്പാൻ വേണ്ടതുപോലെയുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കർത്താവിനെ ഒരുവൻ പിൻപറ്റാൻ ശ്രമിച്ചാൽ ഇന്ന് ലോകത്ത് വേണ്ട സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ടാകും എന്ന് വിചാരിക്കരുത് എന്നൊരു കാര്യമാണ് കർത്താവ് അവനോട് ഈ നിലയിൽ കുറുനരികൾക്ക് വഴിയും പർവ്വജാതിക്ക് കൂടുമുണ്ട് മനുഷ്യപുത്രനോ തലചായ്പ്പ സ്ഥലമില്ല അതുകൊണ്ട് എന്നെ അനുഗമിപ്പാൻ നീ നീ ഈ കാര്യത്തിനൊരു വില കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം എന്നെ അനുഗമിച്ചാൽ മതി എന്ന് കർത്താവ് പറഞ്ഞതായിട്ട് നമുക്ക് എടുക്കാം പക്ഷെ അവനത് അത് കേട്ടപ്പോൾ അതിൻ്റെ പിന്നെ മുൻപില് അവനാ വില കൊടുപ്പാൻ തയ്യാറായില്ല കാരണം അവന് കർത്താവിനെ അനുഗമിപ്പാ അനുഗമിപ്പാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞെങ്കിലും അതിന് കഷ്ടങ്ങൾ സഹിപ്പാൻ അവൻ തയ്യാറില്ല ഏഹ് ഹൃദയത്തിലേക്ക് തന്നെ നോക്കിയപ്പോൾ അവിടെ മറ്റു പലതിനുമാണ് സ്ഥാനം മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ല എന്ന് കണ്ടിട്ടാവാം കർത്താവ് അൻപത്തി എട്ടാമത്തെ വാക്യത്തിൽ പ്രത്യേകമായിട്ട് കുറുനരികൾക്ക് വീഴിയും ആകാശത്തിലെ കൂടുമുണ്ട് മനുഷ്യപുത്രനോ തലചായ്പ്പ സ്ഥലമില്ല എന്ന് പറഞ്ഞതും അവൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് ഒരു കണ്ടെത്തലായിട്ട് നമുക്ക് ചിന്തിക്കാം ചുരുക്കത്തിലെ കണ്ടോ അവൻ കർത്താവിനെ അനുഗമിക്കാൻ തയ്യാറായി പക്ഷേ അവൻ്റെ സ്വന്തം ജീവന് അവൻ്റെ സുഖങ്ങൾക്ക് അവൻ്റെ താല്പര്യങ്ങൾക്ക് പോറലേൽക്കുന്ന നിലയിൽ അതിനെ ക്രൂശിൽ വച്ച് കർത്താവിനെ അനുഗമിപ്പാൻ അവൻ മനസ്സുള്ളവനായിരുന്നില്ല അതുകൊണ്ട് അവനാ ശിഷ്യത്വത്തിൻ്റെ ആ പടിയിൽ അവനെ പരാജയപ്പെട്ടു പോയി എന്ന് നമുക്ക് കാണാം രണ്ടാമത്തവൻ്റെ കാര്യം നോക്കുക അൻപത്തൊൻപതാം വാക്യം അവിടെ ഒൻപത്തൊൻപതും അറുപതും വാക്യം ആ രണ്ട് വാക്യങ്ങളിൽ വേറൊരുത്തൻ വേറൊരുത്തൻ വന്നു മത്തായി എട്ടിൻ്റെ ഇരുപത്തൊന്നിൽ ഇവൻ്റെ കാര്യം പറയുന്നുണ്ട് അവിടെ വേറൊരുത്തൻ വന്ന് വന്നപ്പോൾ അവനോട് കർത്താവ് തന്നെ പറഞ്ഞു എന്നെ അനുഗമിക്കാ എന്ന് അവൻ എന്തോ പറയുന്നു ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു കർത്താവ് പറയുന്നു മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ട് നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു അവിടെയും അവനും ആ വഴിയിൽ പോകാൻ യോഗ്യനായിരുന്നില്ല ഇവിടെ ഈ രണ്ടാമന് ശിഷ്യത്വത്തിൻ്റെ വഴി പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നോക്കുക അവൻ പറയുന്ന ന്യായം എനിക്ക് എൻ്റെ അപ്പനെ കുഴിച്ചിടണം ഇത് കേട്ടാൽ നമുക്ക് തോന്നുന്നു അപ്പൻ മരിച്ചു കിടക്കുന്നു ഉടനെ പോയി കുഴിച്ചിടണം എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല നമ്മളത് ചിന്തിച്ചാൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും ഈ അപ്പൻ്റെ മരണം വരെ അവൻ അവിടെ വീട്ടില് അവൻ്റെ സൗകര്യത്തിൽ നിൽക്കാനാണ് താല്പര്യം കാര്യം അപ്പൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് എന്ത് കിട്ടും ഈ കുടുംബപരമായ ആ നിലയിലുള്ള സ്വത്തുക്കളൊക്കെ അവന് ലഭ്യമാകും ആ കുടുംബത്തിൻ്റെ പേര് ആ കുടുംബത്തിൻ്റെ സമ്പാദ്യങ്ങള് ഒക്കെ കൈയാളാനായിട്ട് കഴിയും അതുകൊണ്ട് ഞാൻ നിന്നെ അനുഗമിക്കാം പക്ഷേ അപ്പൻ്റെ മരണം കഴിഞ്ഞ് ഞാൻ ഈ സമ്പത്തുകളൊക്കെ ഒന്ന് കൈയടക്കട്ടെ അതിനുശേഷം ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറയുമ്പോൾ അവൻ പരാജയപ്പെട്ടത് ഏത് കാര്യത്തിലാണ് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ലെങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയൂല്ല എന്ന ആ ഒരു കാര്യത്തിലാണ് ഇവൻ പരാജയപ്പെട്ടത് എന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ല കർത്താവ് പറയുന്നു അങ്ങനെ കർത്താവിനെ അനുഗമിക്കുകയും നിന്റെ കുടുംബത്തിൻ്റെ സമ്പാദ്യവും കുടുംബപ്പേരും ഒക്കെ സംരക്ഷിക്കുകയും ഇതെല്ലാം കൂടെ പറ്റുകയില്ല എന്ന് കർത്താവ് അവിടെ വ്യക്തതയോടെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അടുത്ത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ മൂന്നാമത് ഒരുത്തൻ കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം അതും അവൻ തന്നെയാണ് പറയുന്നത് പക്ഷേ അവനുഗമിക്കാൻ തയ്യാറാണ് ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണം അവനവൻ്റെ വീട്ടിലുള്ള അവൻ്റെ ബന്ധങ്ങളുണ്ട് അവൻ്റെ അപ്പനുണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് സഹോദരന്മാരുണ്ട് സഹോദരികളുണ്ട് അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളോട് ആ കാര്യങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആ ബന്ധങ്ങൾ അവൻ വിലമതിക്കുന്നു കർത്താവനെ അനുഗമിക്കാൻ തയ്യാറാണെങ്കിലും അതിനുള്ള ബന്ധങ്ങളോടുള്ള വേർവിരിയൽ എന്നുള്ള ആ ഒരു വില പൂർണാർത്ഥത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ കൊടുക്കാൻ അവൻ തയ്യാറാകുന്നില്ല അതുകൊണ്ടാണ് എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണമെന്നുള്ളതിൽ നിന്ന് നമുക്കങ്ങനെ ചിന്തിക്കാം കർത്താവിനോട് പറയുന്ന മറുപടിയിലും അത് വ്യക്തമാണ് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിനൊക്കെ ഉള്ളാകുന്നവനല്ല ഈ കാര്യത്തിനായി കർത്താവിനെ അനുഗമിക്കാനായിട്ടും കർത്താവിൻ്റെ ശിഷ്യനാകാനും തയ്യാറായിട്ട് ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കി ബന്ധങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കി ആ നിലയിൽ പോകുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല ചുരുക്കത്തിൽ കണ്ടോ ഇവിടെ മൂന്ന് പേര് ശിഷ്യത്വത്തിൻ്റെ മൂന്ന് പടികളിലാണ് പരാജയപ്പെട്ടു പോകുന്നത് ഒന്നാമൻ അവൻ്റെ സുഖങ്ങളെ ബലി കഴിപ്പാനായിട്ട് തയ്യാറില്ല രണ്ടാമൻ അവൻ്റെ അവന് തനിക്കുള്ള ആ ഒരു വേർപിരിയലിന് ഇപ്പോഴേ താല്പര്യമില്ല മൂന്നാമന് അവൻ്റെ ബന്ധങ്ങളോട് ഒരു വേർപിരിയലിന് ഇപ്പോഴേ താല്പര്യമില്ല കർത്താവ് ഇതിൽ നിന്ന് പറയുന്നത് എന്താ നമ്മൾ നമ്മുടെ ബന്ധങ്ങളെക്കാൾ നമ്മുടെ സമ്പാദ്യങ്ങളെക്കാൾ നമ്മളോട് തന്നെയുള്ള നമ്മുടെ സ്നേഹത്തെക്കാൾ ഈ മൂന്ന് കാര്യത്തെക്കാൾ കവിഞ്ഞ സ്നേഹം കർത്താവിനോടുണ്ടായാലേ കർത്താവിനെ നമുക്ക് അനുഗമിക്കാൻ കഴിയുള്ളൂ ഇതാണ് ശിഷ്യത്വത്തിൻ്റെ മാർഗം ഈ മാർഗത്തെക്കുറിച്ച് കേട്ട മൂന്ന് പേര് അതിനോട് വളരെ അടുത്ത് വന്നു പക്ഷെ അവർക്ക് കർത്താവിനെ അനുഗമിപ്പാൻ കഴിയാതെ പോയി നമ്മളും ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ ശിഷ്യത്വത്തിൻ്റെ സന്ദേശം വളരെ അടുത്ത് നിന്നും മിക്കപ്പോഴും കേൾക്കുന്നുണ്ട് പക്ഷേ ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം ഇതിനൊക്കെ അപ്പുറത്ത് ഒന്നാം സ്ഥാനം കർത്താവിന് തന്നെ കൊടുത്ത് ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് കർത്താവിനെ സ്നേഹിക്കാൻ തയ്യാറായാലേ കർത്താവിൻ്റെ ശിഷ്യനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ ഈ മൂന്ന് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് ക്രൂശെടുത്ത് കർത്താവിൻ്റെ പിന്നാലെ പോകാം ആ ശിഷ്യത്വത്തിൻ്റെ വില കൊടുക്കാൻ നമുക്ക് വീണ്ടും നമ്മളെ തന്നെ സമർപ്പിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മയൊക്കെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ